തയശാന്യാന്ധോ നിർമ്മി ഗന്ധോന്ധാ സുഖിച്ച് ബന്ധം ഭസെയാ ഭ ലോക ഭാവനയ്ക്ക് അർത്ഥം ചെയ്യുന്നു വാസനകളും രണ്ടോന്ന് ദാർഢ്യ ജഗതി ജഗതി രണ്ടിനും കഴിയണം പശ്ചാത്തയാ ബന്ധ കാനും അവസ്ഥ ചില ശിദ്ധ്യാവളിൽ നിന്നും ഉണ്ടാകുന്നു ബന്ധം അതായത് ഭോഗാ ഭാവുന്ന പ്രവാസനം വെച്ചാണെന്ന് പറയുന്നു പ്രവാസന കൊണ്ടും ദൃഢതയുണ്ടാക്കുന്നു അതിന്റെ നേരെ വിപരീതമായി കരുതുകൊണ്ടടുത്ത് പറയുന്നത് ഉപശാന്തയാണ് ആ ഭോഗന വാസന ശാന്തമായി കഴിയാൻ ബന്ധം കാലഭൂമിയാണ് ബന്ധം സൂക്ഷ്മമാണ് തനുത്വത്തിത്ര അത് യോഗശാസ്ത്രത്തിൽ പറയുന്നത് തനുത്വമാണ് അനുഭവത്തിൽ പറഞ്ഞു വീണ്ടും അവർ തയ്ക്കുന്നു അവസ്ഥപ്പോഴും മിഥ്യ ഇവിടെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നതാണ് മിഥ്യ ജഗത്മിഥ്യ എന്നുള്ള ആശയത്തെ മിഥ്യുന്ന അവസ്ഥ ഒന്നും ആവർത്തിച്ച് ആവർത്തിച്ചു അദ്വൈതത്തിലെ പ്രധാനമായ സിദ്ധാന്തം ജഗത് മിഥ്യ അതാണ് ഇവിടെ പ്രധാനമായ ആശയം ഇത് പറയുന്നത് എന്താണ് ബന്ധം ബന്ധമെന്ന് പറയുമ്പോൾ ദേഹാദികളിലുള്ള ആത്മബുദ്ധി പ്രപഞ്ചത്തിലുള്ള സത്യത്വ ബുദ്ധി അതിനെ തുടർന്നു വരുന്ന കർത്തൃത്വഭോക്തൃത്വ പ്രചാരം അതിനെ തുടർന്ന് വരുന്ന ജനന മരണ ഈ ബന്ധമുണ്ടാകുന്നതെന്നാണ് ഈ മിഥ്യാവസ്ഥകൾ എന്നു പറഞ്ഞാൽ ആ മിഥ്യാവസ്തുക്കളെ കുറിച്ചുള്ള ജീവന്റെ സങ്കല്പങ്ങളിൽ നിന്നാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് ബന്ധം ഒരാൾക്ക് അനുഭവം സത്യമായ അനുഭവപ്പെടും ഒരാൾ ജന്മ മരണങ്ങൾ പുനർജന്മം സത്യമാണെന്നു മരണം സത്യമാണെന്നതിനും ഇതെല്ലാം അതിന് ആ കാരണം കാണുന്നത് ഭോഗ ഭാവന എന്നാലും കാരണം അപ്പോ ഭോഗ അനുഭവം എന്നും ഭോഗം എന്താ പറയുക പൊതുവെ ശബ്ദസ്പർശനങ്ങളും ഇവയുടെ അനുഭവം സത്യബുദ്ധിയോടുകൂടിയുള്ള അനുഭവം അത് ബന്ധത്തിലുണ്ടാകും എന്നും പറഞ്ഞാൽ സംഭവിക്കുന്നു അവിടെ പ്രപഞ്ചാനുഭവം സത്യബുദ്ധിയോടുകൂടി വരുമ്പോഴാണ് അത് ബന്ധത്തിന് കാരണമായിരിക്കുന്നത് പ്രപഞ്ച എന്ന് പറയുന്ന അസത്യമാന്തങ്ങൾ സത്യ ബുദ്ധിയോടുകൊണ്ട് അനുഭവം ഉണ്ടാവത്തില്ല പിന്നെ അനുഭവം എന്ന് പറഞ്ഞാൽ കേവലം അനുഭവം മാത്രമല്ല അനുഭവം ഇവിടെ തന്നെ പറയും തത്വത്തെ അറിയുന്നവരുടെ പ്രപഞ്ചാനുഭവം ഉണ്ട് അല്ലെങ്കിൽ സമ്മാനവും പ്രപഞ്ചാനുഭവം എന്നുള്ളതല്ല ആ പ്രപഞ്ചത്തോടെ ഉണ്ടാകുന്ന ഭൂതാസക്തി അമിതമായ ഭോഗാസക്തി ഒറ്റ ഭാഗ്യം പറഞ്ഞ ആസക്തി എല്ലാവർക്കും വരുന്ന സുഖാസക്തി അതാണ് അതാണ് പ്രധാനമായും പറയുന്നത് വിവരണഭാഗങ്ങളെ അതുകൊണ്ടാണ് നമ്മുടെ സന്യാസത്തെ ദുരുത്സാഹത്തിൽ നിൽക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് അവിടെ എല്ലാം പറയുന്നതാണ് പ്രപഞ്ച അനുഭവത്തിൽ ദോഷമൊന്നുമില്ല അതിന് ആസക്തി ഇല്ലായിരുന്ന ശരീരബോധത്തിൽ ദോഷമൊന്നുമില്ല അതിന് അഹന്ത നമ്മത എല്ലാം സത്യമാണെന്ന് വരുതായിരുന്ന നിഷേധിക്കുന്നതും പ്രപഞ്ചത്തിലുള്ള സത്യത്തെ ബുദ്ധിയേയും ഭോഗാസക്തിയും ഇത് കേവലമായ പ്രപഞ്ചാനുഭവം ജീവിച്ചിരിക്കുന്ന അല്ലാത്തതുകൊണ്ടാണ് എല്ലാ ഇങ്ങോട്ട് എല്ലാനിക്കുക അത് ദോഷമല്ലാതെ പറയും പ്രതിഭീതയിലോകം പറയുന്ന ആശയം അങ്ങോട്ടേക്ക് വാസനാ തലമ്പോ വാസന ക്ഷീണിക്കുക എന്ന് പറയുമ്പോൾ ലോക ആസക്തിയിലുള്ള വാസന സത്യത്തോ ബുദ്ധി വാസന അതിന്റെ അതൊക്കെ ക്ഷയിക്കുന്ന കാര്യങ്ങളൊക്കെ പറയും അതിലൂടെ തത്വ വിചാരങ്ങളും വ്യക്തി വികാരങ്ങളും സമാധിത്തം ചെയ്ത് കൊണ്ടുവല്ല ക്ഷയിക്കുന്ന കാര്യങ്ങളും അപ്പൊ വാസന ക്ഷയിച്ചു കഴിഞ്ഞു സത്യത്തോ ബുദ്ധിയില്ല ഭോഗ ആസക്തി മനസ്സ് ശാന്തമാകും അതുപോലെ പറയും ആനന്ദത്തെക്കുറിച്ച് പറയും അപ്പോൾ അത് തന്നെയാണ് ജീവൻ മുക്തി അതിനെ മോക്ഷേപിക്കുന്നത് ജീവൻ മുക്തിയെക്കുറിച്ച് പറയുന്നത് ാനമോ പദാർത്ഥവാസനാദാർ ലൈറ്റെ നമുക്ക് പറഞ്ഞതെന്നോടെ വിശദീകരിക്കും നമ്മൾ വിശദീകരിച്ചോ പറഞ്ഞ കാര്യങ്ങൾ എന്താണ് മോക്ഷം എന്ന് പറയുന്നത് വാസനാദാനം മനസ്സിന്റെ ആസക്തികളും അനേക ജമങ്ങളിൽ സമ്പാദിച്ചിരിക്കുന്ന വാസം അതിന്റെ കരുത്തും അതിന്റെ സൂക്ഷ്മത അത് ആണ് ഇതുവരും മോക്ഷം അതുകൊണ്ടത് ക്ലേശങ്ങളായിട്ട് അവസാനിക്കും ക്ലേശങ്ങളില്ല ഒരാൾക്ക് ക്ലേശങ്ങളില്ലെങ്കിൽ വിദ്യാഭ്യാസ രാജ്യത്തിന്റെ അതിൻ്റെ വേശം ഈ ക്ലേശങ്ങളില്ലെങ്കിൽ അതാണ് മോക്ഷം എന്ന് പറയുന്നത് ഉദയ അതും വിഷയത്തെ കുറിച്ചും പറയുക അത് യോഗശാസ്ത്രത്തിൽ പറയുന്ന കാര്യം എന്താണ് അതിന്റെ തനിത്വത്തെ കുറിച്ചു പോലുള്ള അത് പറയാൻ കാരണം ഒന്നാണ് ക്ലേശങ്ങൾ അവനെ ബന്ധിക്കുന്നില്ല ക്ലേശങ്ങളിൽ നിന്ന് അവൻ ജീവിച്ചിരിക്കുന്നത് തന്നെ മുക്തനായിരുന്നു ജീവൻ മുക്തിക്കൂടെ അവരോട് പ്രാധാന്യം കൊടുത്ത് പറയുകയാണ് അപ്പോ അവനെ ബന്ധിക്കുന്നു രാഗദ്വേഷും അതിലൂടെ സുഹൃത്വങ്ങൾ അനുഭവിക്കുന്നു അത് ക്ഷണിച്ചിരുന്നു ഭക്തൃത്വം സാറിന് പറയുന്ന കാര്യ ജീവൻ മുക്തിക്കാന്ന് പറയും ക്ഷയിക്കുമ്പോ പിന്നെ തീർന്നു സമാധിയിലാണ് അത് സമാധി നിന്ന് ക്ഷയിക്കുന്നു നാമരൂപം തന്നെയാണ് പ്രപഞ്ചം അതൊക്കെ അദ്വൈതത്തിൽ പറയുന്നത് ഭാഷത്തിന്റെ ആശയം തന്നെയാണ് പറയുന്നത് കൂടുതലായിട്ട് ഇതിന് ഇത്രേ പറയുന്നു എന്താണ് സമാധി അത്രയേ ഉള്ളൂ ബാക്കിയെല്ലാം ഏറെക്കുറെ ഭാഷയ ആശയം തന്നെയാണ് പറയുന്നത് ആ വാസന ആ അല്ല അതുമായിട്ടൊന്നും ഭാഷ ആശയത്തിന് ഒന്നും ഒരു ബന്ധമില്ല ഭാഷ ഭാഷയത്തിന് ഒറ്റ കാര്യമേ എന്താണ് അതായത് അജ്ഞാനനാശം ഇത്രയോ അജ്ഞാനനാശം വന്നു അയാള് മുക്തനാണ് അത് ബാക്കിയുള്ള കാര്യങ്ങളാണ് സന്യാസി സന്യാസം എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് ഡിസിപ്ലിൻ ഇത്രയുള്ള ഭാഷ വളരെ സിമ്പിളാണെന്ന് പറയും സന്യാസിയുടെ ഡിസിപ്ലിൻ അത് പറയാം എന്താണോ തത്വജ്ഞാനികളും പ്രപഞ്ചാനുഭവമാണ് തത്വബോധമില്ലാത്തതുകൊണ്ട് പ്രപഞ്ചാനുഭവമാണ് തത്വജ്ഞാനം ഇല്ലാത്ത അജ്ഞാനികൾ സുഹൃത്തുക്കം കൊണ്ട് അനുഭവമാണ് പിന്നെ തത്വജ്ഞാനിക സുഹൃത്തുക്കാനുഭവം രണ്ട് തമ്മിൽ എന്താ വ്യത്യാസം അവിടെ പറയും തത്വജ്ഞാനിയുടെ സുഹൃത്തുക്ക അനുഭവം എന്ന് പറയുന്നത് ഇവ പോലെ അജ്ഞന സുഹൃതത്വങ്ങളെ അനുഭവിക്കുന്നതും പോലെയാണ് പക്ഷെ വ്യത്യാസം എന്താണോ തത്വജ്ഞാനിയുടെ അനുഭവത്തിൽ വരുന്ന വ്യത്യാസം ആ തത്വജ്ഞാനികളെ സംബന്ധിച്ച് വച്ചും ബാധിതമാണ് അതുകൊണ്ടാണ് പറയുന്നത് ഇവ പോലെ മൊത്തം അവിടെ പറയുന്ന ഇവകളെല്ലാം ചേർത്ത് വെച്ചാൽ ഇതാണ് അർത്ഥം അത് ആ പറയുന്നത് അജ്ഞനെയും തത്വവിജ്ഞാനിയും വ്യാജനും അത് ഇത്രയും ബാധിതമായ അപ്പൊ അവിടെ തത്വജ്ഞാനിയെയും അജ്ഞനെയും വരുന്നിരിക്കുന്നത് അവരുടെ അനുഭവത്തിലല്ല പിന്നെ എന്തിനാണ് അജ്ഞാനം ഞാനിങ്ങനൊന്നും കാര്യങ്ങളാണ് തത്വജ്ഞാനിക്കും കൂടുതലായിട്ടവിടെ എന്താണ് ഞാനും ബാക്കി അനുഭവത്തിലൊന്നും വ്യത്യാസമില്ല സുഖ ദുഃഖാനുഭവം ജ്ഞാനത്തെ കൂടുതലായി ചേർക്കുന്നതുകൊണ്ടാണ് പറയുന്നത് തത്വജ്ഞാനെ സംബന്ധിച്ച സുഖം ദുഃഖം പ്രപഞ്ചം തന്നെ എന്താണ് വിവാഹിതം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ അനുഭവിക്കുമ്പോഴും അയാൾ തത്വജ്ഞാനം കൊണ്ട് ഇത് അസത്യമാണെന്നറിയണം അത് അസത്യമാണെന്നറിയാം ഇനി അസത്യമാണെന്ന് അറിയുന്നത് കൊണ്ട് അയാൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ എങ്ങനെ ശാന്തിയോ സമാധാനവും ഒക്കെ ഉണ്ടെങ്കിൽ നല്ലത് തന്നെ അങ്ങനെ അസത്യാനുഭവ അയാൾക്ക് സമാധാനം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നല്ലത് തന്നെയാണ് ഇപ്പോ മരുഭൂമിയിലെ ജലം മിഥ്യാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് അറിയുന്ന ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതിന് ഗുണമുണ്ട് എന്താണ് അതിന് അതിന്റെ പിറകെ ഓടുന്നുണ്ട് അതിന്റെ പുറകെ ഓടാതെ ഇരിക്കുമ്പോ അയാൾ അതൊരു ശാന്തിയാണ് അതിന്റെ പുറകെ ഓടുന്നവനെ അപേക്ഷിച്ച് ഓടാതിരിക്കുന്നതിൻ്റെ ഒരു ശാന്തിയുണ്ട് അപ്പൊ ഈ സംസാരത്തിന്റെ ആ വ്യത്യാസമുണ്ട് പക്ഷെ അതൊന്ന് ജ്ഞാനത്തിന്റെ മുഖ്യമായ പ്രയോജനമാണ് ജ്ഞാനത്തിന്റെ മുഖ്യമായ പ്രയോജനം എന്താണ് അപകമനസി പ്രയോജനം അനപകമന നിർത്തി എവിടെയാണ് പറയുന്നത് മൃഗം നിർത്തി രേ വലിയ പ്രയോജനമായിട്ട് അതൊന്നും കണക്കാക്കാൻ പറ്റും ബാക്കിയെല്ലാം ഗൌണമായി വരുന്നതാണ് ഏത് ജ്ഞാനമായാലും ശരി ഇത് ഞാൻ ഒന്നും പറയുന്നു ആത്മജ്ഞാനം എന്നുള്ള ഏത് ജ്ഞാനമായാലും ശരി അതിന്റെ പ്രയോജനം എന്ന് പറയുന്നത് എന്താണ് അജ്ഞാനനാശം തന്നെയാണ് ആത്മജ്ഞാനത്തിന്റെ മാത്രം പ്രത്യേകതയല്ല സൂര്യന്റെ വെളിച്ചമായത് ശരി മഴുകുതിരിയുടെ വെളിച്ചമായതും ശരി അതിന്റെ പ്രയോജനം എന്താണെന്ന് ഇരുട്ടിനെ നശിപ്പിക്കാ പിന്നെ ആ ഒരു വ്യത്യാസമുണ്ട് വ്യത്യാസമുണ്ട് ഇരുട്ടിനെ നശിപ്പിക്കാമെന്നുള്ള സ്ഥലത്ത് ഒരു വ്യത്യാസം പക്ഷെ ഇപ്പം ഏതൊരു ജ്ഞാനവും അജ്ഞാനത്തെ നശിപ്പിച്ചാലും ഈ ആത്മബോധം നശിപ്പിക്കുന്ന അജ്ഞാനാതുകൊണ്ടത് നശിക്കുന്നില്ല എന്നാണ് വ്യത്യാസം വ്യത്യാസം എല്ലാം ഇവിടെ കൂടുതലായി പറയുന്ന ഒന്നാണോ ഈ വാസന നാശം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഭക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്നു ഇവിടെ അത് സമാധി എന്ന് പറയുന്നൊരു മണ്ണിന് ഇതെങ്ങുമ്പോൾ അവിടെ രോഗികൾക്കറിയാവുന്നില്ല അസംപ്രജ്ഞാത സമാധിയിലെ സംസ്കാരങ്ങൾ ലയിക്കണം എവിടെ ലയിക്കണം പ്രകൃതി ചിത്രത്തെ ലയിച്ച് ചിത്രത്തോടൊപ്പം അത് പ്രകൃതി ഇല്ല അതുപോലെ ആ ഒരു പ്രക്രിയ കിട്ടുന്ന കൂടെ വാസനാശത്തിനും പ്രാധാന്യം കൊടുക്കു ആശ്ചാരത്തിൽ അതൊക്കെ ഒഴിവാക്കിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണം വളരെ അനായാസം ഇതൊക്കെ വർഷം തപസ എവിടെ പോയി പതിനായിരം വർഷം നമുക്ക് തപസാൻ സ്ഥലം കിട്ടില്ലേ എവിടെങ്കിലും കേട്ടോ ഇവിടെ ഇരുന്ന് പതിനായിരം വർഷം തപസാരും സംഭവിക്കുന്നു മ്മതിക്കാന കാരണം ഇതുകൊണ്ട് ഒരു അങ്ങേക്ക പോയ ഒരു നൂറ് വർഷം അത് കഴിയുമ്പോൾ പിന്നെ തപസ് തുടർന്നാ മാറും അപ്പൊ ആൾക്കാർ ഇത് കത്തിച്ചു കളിക്കും പിന്നെ തപസ് ചെയ്യാന്ന് പറയും നടക്കുന്ന കാര്യം ഇതിന്റെ വ്യത്യാസവും എന്താണ് ശരിയായ അഭിനയം എന്ന് മനസ്സിലാക്കുന്നതിലും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ വിചാരിച്ചത് അതാണ് വാസനാ കാണമില്ലാ പക്ഷേ ചെറിയ ചെറിയ പക്ഷമെന്ന് പറഞ്ഞാൽ വാസനകളുടെ തനുത്വമാണ് പ്രപഞ്ച സത്യമായി സ്വീകരിക്കുകയല്ലേ ഇവിടെ മിഥ്യ വാസനക്ഷയവും പറയും മനോനാശം വാസനക്ഷയവും പറയും ഇവിടെ പറയും കാരണം അത് ഇവിടെ പറയാൻ കാരണമെന്ന് പറയുന്നത് ഒരു വ്യക്തി ഒരാളെ മുട്ടിനേണ്ടി പരിശ്രമിക്കുന്നു എന്തായാലും ഇവർക്ക് എല്ലാവർക്കും ഉറപ്പുള്ള ഒരു കാര്യമാണ് എല്ലാ ഇടപാടുകളും എന്താണ് മരണത്തോടുകൂടി തീരും അപ്പൊ മരണത്തിൽ എന്താ സംഭവിക്കുന്നത് തന്റെ ശരീരം ക്ഷയിക്കുന്നു പിന്നെ അതിന്റെ നമുക്ക് ശരീര രൂപത്തിൽ ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റില്ല കാരണം അത് കുഴിച്ചുകളോ വധിച്ചുകളെയോ ചെയ്യുക പിന്നെ ശരീര രൂപത്തിലെന്ന് പറയാൻ പറ്റുകയാണെങ്കിൽ പരമാണുക്കളായിട്ടൊക്കെ നിക്കുവെന്ന് പറയാം ശരീരമല്ലാണ്ട് അപ്പോൾ അതുപോലെ വാസനയും ക്ഷയിച്ചു പോകുന്നു എന്നാണ് അതിനപ്പുറം പിന്നീട് ആ വാസന ഏത് രൂപത്തിലും നിലനിൽക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കാൻ പറ്റത്തില്ല അറിയാത്ത കാര്യങ്ങളാണ് അതുകൊണ്ട് അദ്ദേഹം ശരീരം നശിക്കുന്ന പോലെ വാസനയും എന്ന് ഒരു പൊതുവേ അങ്ങ് ഇതെല്ലാം നമ്മള് കൂടുതൽ കടന്ന് ഭൗതികവുമായി യുക്തിയിലൂടെയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിനും സമാധാനം കിട്ടത്തില്ല കാരണം ഇത് എഴുതിയത് ആയ നമ്മളിന്നെ ചിന്തിക്കുന്ന ഇന്നത്തെ ചുറ്റുപാടുകളിലും ഇന്നത്തെ വിജ്ഞാനം വെച്ചുകൊണ്ടു അപ്പോ അത് വെച്ച് എല്ലാത്തിനും സമാധാനമൊന്നും കിട്ടത്തില്ല ത്വ നേരത്തെ പറഞ്ഞു ബന്ധം പറഞ്ഞുകൂടി ആവർത്തിച്ചു പ്രത്യേകിച്ച് കാര്യം സ്വാത്മതത്വ അഭിഗമനം ഭഗവതി പ്രായസമുണ്ടെന്നാണ് വൈരാറ്റും കഥർത്ഥാത്മജായവേ ഇത് യോഗത്തിന്റെ ഒരു ശൈലി പറയുകയാണ് അഭ്യത പ്രക്രിയ ഭാഷയാശയല്ല ഇവിടെ എന്ന് പറയുന്നത് സ്വാത്മതത്വ അഭിഗമനം സ്വത്മതത്വപ്രാപ്തി എന്ന് വെച്ചാൽ അഭിഗമനവും പ്രാപ്തി സാക്ഷാത്കാരമെന്ന് പറയാം അഭിസന്ധം ഉപയോഗിച്ചു അപ്പോ സ്വാത്മതത്വ സാക്ഷാത്കാരം പ്രായസംഭാൻ മനുഷ്യർക്കും ഉണ്ടാകാറുണ്ട് എന്ന് വെച്ചാൽ അതൊക്കെ പ്രയാസമുള്ള കാര്യമില്ല എന്നാണ് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഇപ്പം ശ്രമതി പഴയകാലത്ത് ഇതൊക്കെ പറയുമ്പോൾ എപ്പോഴും മനസ്സിൽ ഇരിക്കുന്ന എന്റെ അധികാരികളെ ഉദ്ദേശിച്ചിട്ടാണ് അവര് വേദാന്തവാക്യങ്ങൾ ശ്രമിക്കുന്നു ഉചാരണം ചെയ്യുന്നു ബോധമുണ്ടാകും അത് സാധാരണ മനുഷ്യർക്ക് സംബന്ധിക്കാവുന്ന കാര്യമാണ് എന്നാണ് പുനയിലെ വിഷയവൈരസ്യം കദർ കാഷയവൈരാഗ്യം എന്ന് പറയുന്നത് വളരെ പ്ലേസിസ് നമുക്കാണോ ഇതും യോഗത്തിന്റെ ശൈലിയാണ് ആശയവും ഇതുമായിട്ട് വരുന്ന വ്യത്യാസം എന്താണ് നിങ്ങൾ ഇതുവരെ മനസ്സിലാക്കി ചൂടെ പറയുന്ന ഇതാണ് ആത്മതത്വ സാക്ഷാത്കാരം ജ്ഞാനം നല്ലതാകുന്നു ആത്മബോധം ഇത് ഇതാകുന്നൊണ്ടാവും പക്ഷെ വൈരാഗ്യം വളരെ പ്രേശിച്ചാകുന്ന എന്താ വ്യത്യാസം ആ അത് കറക്റ്റ് ഭാഷകാലത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ് വൈരാഗ്യം നിത്യാനിത്യ വസ്തുവിവേകം എന്ന് പറയുന്നത് എന്താണ് അത് പ്രാഥമികമായൊരു സാധനങ്ങൾ അതൊക്കെ കടന്നുമ്പോഴും ഇങ്ങോട്ട് ചെയ്യുമ്പോഴാണ് എന്താകുന്നത് ഞാനും ബ്രഹ്മജിജ്ഞാസ അതാതോ ബ്രഹ്മജിജ്ഞാസ അഥയി കഴിഞ്ഞ കാര്യങ്ങളാണ് സാധന ജ്യോതിഷയെ സംബന്ധിച്ച് സമ്പത്തി അനന്തരം അപ്പൊ ജ്ഞാനം ഇന്ന വൈരാഗ്യം അങ്ങനൊരു ഇടപാടില്ല പക്ഷെ യോഗത്തിനങ്ങനെ യോഗത്തിൽ എന്താ പറയുന്നത് പരം വൈരാഗ്യം ഒന്നാമത്തെ ഭാഗത്തിൽ തന്നെ പറയുന്നത് നാലാമത്തെ ഭാഗത്തിൽ പറയും അവിടെ വലിയ പ്രാധാന്യം കൊടുക്കുന്നത് എന്തിനാ വൈരാഗ്യത്തിന് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത് സമാധി ജീവിക്കണമെങ്കിൽ അത് ചെയ്യണം പ്രപഞ്ച ബോധമേ ഉണ്ടാകാൻ പാടില്ല അപ്പൊ ഒരാൾക്ക് സമ്പ്രജ്ഞാത സമാധി ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ പോലും ഇനി അസംപ്രജ്ഞാത സമാധിക്ക് വേണ്ടി വൈരാഗ്യം കൂടുതലായിട്ട് ഉണ്ടാകണം ജ്ഞാനത്തിന് ശേഷം വൈരാഗ്യം സ് എന്നൊക്കെ പറയുന്നതാണ് ഈ സ്ഥലങ്ങളിലെല്ലാം എന്താണ് പ്രകൃതി വർഷം വിവരത്തിന് ശേഷം വൈരാഗ്യം ഇവിടെ അങ്ങനെയല്ല വൈരാഗ്യം എന്ന് പറയുന്നത് സാധനങ്ങൾ ആ സാധനയിലൂടെ എന്ത് ചെയ്യുന്നു അയാള് ഗുരുവിനെ സമീപിക്കുന്നു നേടുന്നു പിന്നെയോ അത് കഴിഞ്ഞാലോ എന്റെ വൈരാഗ്യം ആവശ്യമുണ്ടാകും ആ ഞങ്ങൾക്കെല്ലാം അറിയാം ഞാനിന്നു പറഞ്ഞു കേട്ടു സാധനാനുഭവത്തിലെല്ലാം സ്വീകരിച്ചു കഴിഞ്ഞ എല്ലാ കാര്യങ്ങളും പത്തോജ്ഞാനുലേഷായാലും സഹജമായിരിക്കും എന്റെ വൈരാഗ്യത്തിന് വലിയൊരു പരിശ്രമത്തിന്റെ ആവശ്യം അത് സഹജമായി കഴിഞ്ഞു ശീലങ്ങളെല്ലാം അങ്ങനെയാണ് ശീലങ്ങൾ സഹനമായി കഴിഞ്ഞു ഏത് ശീലമായിരിക്കും ചിലർക്ക് കാണുമല്ലോ മോഷണം ഞങ്ങളുടെ ശീലമാണ് അത് സഹനമായി കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് പ്രത്യേകം പരിശീലിക്കേണ്ട കാര്യമല്ല അള് മോഷണം നടത്തിപ്പിടിച്ച് ജയിലിക്കൊണ്ട് എന്ന് പുറത്തിറങ്ങുമ്പോൾ ഞാൻ എന്ത് ചെയ്യും ആ പണിയല്ലേ മരിക്കുന്നുവരും അല്ലെങ്കിൽ ശീലമായി കഴിഞ്ഞു സഹനം ചെയ്തുകൊണ്ടേ നമ്മുടെ എല്ലാ ശീലങ്ങളും അങ്ങനെ അതിനൊരു പ്രത്യേകിച്ചൊരു ട്രെയിനിങ്ങിന്റെ ആവശ്യത്തിനില്ല ശാസ്ത്രമൊക്കെ വിചാരം ചെയ്ത് കഴിഞ്ഞ അതോ അങ്ങനെ നമ്മളൊരു പരിധി വരെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്റെ നമുക്ക് ട്രെയിനിങ്ങിന്റെ ആവശ്യം ശീലമായി കഴിഞ്ഞു അത് നമുക്ക് അനായാസമാണ് കൈകാര്യം ഒരിക്കലും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എല്ലാത്തിനും അങ്ങനെ അതുകൊണ്ട് ഭക്ഷ്യങ്ങളാണ് വൈരാഗ്യം വേണം പക്ഷേ സഹജമായിരിക്കുന്നതാണ് സന്യാസം ഇവിടെ അതല്ല പറയുന്നത് ജ്ഞാനം ഉണ്ടായിട്ട് ഞാൻ പിന്നെ വൈരാഗ്യം വീണ്ടും വേണം വൈരാഗ്യം എന്ന് പറയുന്നത് ഇതാണ് നിങ്ങളുടെ മതപ്രഭാഷകളിലൊക്കെ ആ ജ്ഞാനോണ്ടാക്കിയ അതങ്ങളെ അതിനോട് പേരാഗ് മരണം എന്നൊക്കെ പറയുന്നതാണ് അവിദ്യാംശ്വേ ഉപയിംസ്യാതോ അവിദ്യം ശ്രുതേക്ക് എന്നൊക്കെ പറയുന്നിടത്ത് വിദ്യാവിദ്യകൾ എന്നൊക്കെ പറയുന്നത് ഭാഷകാന വിദ്യ എന്നുള്ള നടത്തം പറയുന്നത് ഉപാസ ജ്ഞാനമല്ല ഉപാസനെ കളയണന്നാണ് പറയുന്നത് ജ്ഞാനത്തെ അല്ലാഷ്യാശ അത് വ്യക്തമായി മനസ്സിലാക്കിയോ എങ്കിൽ മനസ്സിലാവണം അല്ലാത്തവർ ഇത് തന്നെ പറഞ്ഞുകൊണ്ട് വരും എന്താണോ ഉള്ളുകൊണ്ട് ഉള്ളെടുക്കുന്ന പറഞ്ഞുകൊണ്ട് അത് പറയുന്നത് ശരിയാണ് ഈ കർമ്മ ഉപാസനകളെ സംബന്ധിച്ചുള്ള പ്രകടനത്തിൽ അതൊക്കെ പറയുന്നത് ശരിയാണ് പക്ഷെ ജ്ഞാനുമായിട്ട് ബന്ധിപ്പിക്കൽ അതാണ് ഞാനും ഇനി ജ്ഞാനം അടയ്ക്കുവാണെങ്കിൽ ബന്ധിപ്പിച്ച് പറയാറ് എന്റെ സ്വന്തം ജ്ഞാനമാണെന്ന് പറയാം അബ്ദുയിലും ശങ്കരാചാര്യെന്ന് പറഞ്ഞിരിക്കുന്നു എന്നൊന്നും ഉപാസന അത് പറഞ്ഞ സുശൃത്തിയുടെ സന്ദർഭത്തിലാണ് ഇതിലൊന്നുമല്ല നിങ്ങൾ ഉറങ്ങിക്കിടക്കി വന്നു വരുന്നു ഒന്നും അറിയുന്നില്ല അവിടെ വേദമൊന്നുമില്ല അതുപോലെ തന്നെയാണ് മോക്ഷത്തിന് നിർപാഗികമായി തത്വത്തെ വിശദീകരിക്കു പറയും അവിടെ വേദത്തിൽ സ്ഥാനം പ്രപഞ്ചത്തോ മുഴുവെന്ന് ശരിക്കും വേദത്തെ അത് സന്ദർഭം മനസ്സിലാക്കാതെ എടുത്ത് വീശുക്കളെ കയ്യടിക്കട്ടെന്ന് വിചാരിച്ചു അപ്പൊ ഇവിടെ പറഞ്ഞ് എന്താണ് സ്വാത്മത്വാ പ്രായാവുന്നതാണ് അത് ശരിയാണ് ആത്മബോധം ഒരാൾക്കുണ്ടാകുന്നത് വലിയ പ്രയാസമുള്ളതായിരിക്കും അതിന് ഒരാൾക്ക് പ്രാഥമിക യോഗ്യതകളും ബോധം ഉണ്ടാകുന്നു പക്ഷെ ഒരാൾക്ക് ആത്മബോധം ഉണ്ടായെന്നുള്ള പ്രശ്നം പരിഹരിക്കില്ല ഭാഷകാരം പറയുന്നത് എന്താണ് ആ ഒരാൾക്കങ്ങനെ ബോധം ഉണ്ടായാലും അപ്പൊ ആരെങ്കിലും നമ്മളോട് വന്നിട്ട് പറയണെങ്കിൽ ആത്മാവാണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവാണെന്ന് ആർക്ക് ബോധം ഉണ്ടാവും ആർക്ക് സംഭവിക്കാമെന്നുള്ള കാര്യമാണ് പക്ഷെ അവിടെ സംശയം ചെയ്യുന്നുണ്ടാവും അതിനെ പരിഹരിക്കുന്ന ഏഴി എന്ത് ചെയ്യണം മന്നണം വേണം ഇതൊക്കെയും ഭാഷകാരും പറയുന്നത് പദാർത്ഥ ജ്ഞാനപുരത്വം ബാക്കിയർത്ഥം ജ്ഞാനസ്യാണ് എവിടെയാ പറയുന്നത് അപ്പൊ അവിടെയൊക്കെ ഇക്കാര്യം വളരെ വിശദമായി ചർച്ച ചെയ്തതാണ് നമുക്ക് അപ്പം ആത്മബോധം ഉണ്ടായിരുന്ന പ്രസിദ്ധിയിൽ അത് നിശ്ചയാത്മകമായി ഞാനുണ്ടാവും അത് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നൊന്നും ചെയ്യാറില്ല ഇതാണ് മോശകാർക്കെന്നാണ് പറഞ്ഞത് പിന്നെ അത് വിഷയ വൈരാഗ്യം എന്ന് പറയുന്നതിന് യാതൊരു പ്രസക്തി ചെയ്യുന്നില്ല പ്രേശിച്ചതിന്റെ ഒരു വൈരാഗ്യത്തെ ഉണ്ടാക്കുക അത് നിങ്ങളുടെ സമാധിക്ക താല്പര്യമുണ്ടെങ്കിൽ ഈ പറയുന്നത് ശരിയാണോ അന്ന് പറഞ്ഞാൽ ഇത് സമാധികം താല്പര്യമുണ്ടെങ്കിൽ അതാണ് ഇപ്പൊ ആത്മബോധം ഉണ്ട് സമാധികം താല്പര്യമുണ്ടെങ്കിൽ ഇത് വേറൊക്കെ പറഞ്ഞുകൊടുക്കാനും പറ്റത്തില്ല ഉപദേശിക്കാനും പറ്റത്തില്ല എന്തുകൊണ്ട് സമാജിക തടസ്സം അതിലും വിരജ്ഞനാണ് അപ്പൊ അത് യോഗത്തിലൊരു സമസ്യാണ് അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും സമ്പ്രദായ വിച്ഛേദം പിന്നീട് എന്തിനും ബാക്കിയുള്ളവരറി അവിടെ യോഗികൾ ആശയപുറപ്പെട്ട ഇതൊക്കെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞു തന്നു കുഴിച്ചാണ് അപ്പൊ പിന്നെ അവിടെ യോഗി എന്താ ചെയ്യുന്നത് അപ്പൊ ചോദിക്കും പിന്നെ ഈ എന്താണ് പതഞ്ചേലിന്നെ ഈ പുസ്തകം പതഞ്ചലിക്ക് എഴുതാൻ പറ്റൂ അപ്പം പിന്നെ ഒരു പിന്നെ കുടിക്കണം നിർമ്മാണം നിർമ്മാണ ചുറ്റം പുതിയൊരു സാധനം ഉണ്ടാക്കി അതിലൂടെ പിന്നെ ഉപദേശിച്ചു ഭാവനകൾ നടന്നത് കേവല ഭാവനകൾ ഭാഷുകാരൻ അങ്ങനെ വലിയ ഭാവനയുണ്ട് ആവശ്യമാണ് എന്താ പറയും ചാവുന്നവരെ ഇതെല്ലാം നടന്നു ഡിസിപ്ലിനിൻ ജീവിച്ചാൽ അതിന് ശിവദ്രം വർഷിപ്പോ പതിനായിരം വർഷം പോയി തപസിയുണ്ട ഹിമാലയത്തിൽ പോകണ്ട ഇവിടെ ഇരുന്നാണ് പക്ഷെ ഇവിടെ ഇരുന്ന് ആൾക്കാർക്ക് ഒരു ആശങ്ക എന്താണ് ഇവിടെ ഇരുന്ന് പണിയെടുക്കുന്നത് എല്ലാ ഭക്ഷണം തരത്തിലും വേണം ഹിമാലയത്തിൽ പോയാൽ ഇത്രയുള്ള വ്യത്യാസം ഹിമാലയം ഇവിടെ നിങ്ങളുടെ വ്യത്യാസം ഇത്രയേ ഉള്ളൂ എന്താണ് അവിടെ പോയാൽ ഫ്രീ ഭക്ഷണം കിട്ടും ഇവിടെ ഇരുന്ന് എന്തെങ്കിലും പണിയെടുക്കും വ്യത്യാസം അപ്പൊ എന്തെങ്കിലുമൊക്കെ പണിയെടുത്ത് ജീവിക്കുന്നതിന്റെ നല്ലത് ഫ്രീ ഓണ നല്ലതാണ് പിത്തം പിടിക്കുക അതുകൊണ്ട് ഇമാനും കൊണ്ട് യാതൊരു വിശ്വാസം യാതൊരു ഗുണ ഭാഷകാരം പറയുന്നില്ല പിന്നെ ഇത്രയൊരു ഭാഷകാരം പറഞ്ഞാൽ ഭിക്ഷ എടുത്ത് ജീവിക്കും ഭിക്ഷ എഴുതാൻ നമുക്ക് പറ്റത്തില്ല എന്ന് നിയമം നിരോധിച്ചിരിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ പങ്കെടുത്ത് ചോദിക്കും ചെറിയൊരു മാറ്റം വരും ാലുകൊണ്ട് വന്ന് മാറ്റി എന്ന് അങ്ങനെ നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ പറ്റും ബാക്കിയെല്ലാം മനുഷ്യരുടെ ഭാഗങ്ങൾ പറയുന്നത് വളരെ പ്ലേസിലാണ് വിഷയം വൈരാക്കി കൊണ്ടാകും ശരിയാവില്ല വിഷയം വൈലാക്കി ഉണ്ടാകുന്ന പ്ലേസിലായിരുന്നു ഈ പറയുന്ന യോഗ്യത സമ്പാദിക്കാൻ വേണ്ടി അതൊക്കെ ശരി തത്വജ്ഞാനത്തിന് മുമ്പ് അതൊക്കെ ശരി പിന്നെ എല്ലാ ആൾക്കാരും ആത്മീയമായും തിരിഞ്ഞ് വേദാന്ത വിചാരമൊക്കെ ചെയ്യണ്ടേ എന്തുകൊണ്ട് ചെയ്യുന്നില്ല അവർക്ക് ഭോഗാസക്തമായ മനസ്സിൽ അതിന് താല്പര്യം വരും സമ്യശ്യോ ജേ മകർ സമ്യ പശ്യത്തിൽ സണ്ഡിത ന സന്ദേ തസ്മൈ ഭോഭമഹാത്മേ യേ ത സംയുക്ത പശ്യസ പണ്ഡിത അത് അങ്ങോട്ടും ഇട്ടുകാർക്ക് മാറ്റുകയാണെങ്കിൽ പറയാം ഞാൻ ആശയമാതിരി നോക്കുന്നുള്ളൂ ഏതൊരുവനാണോ തത്വത്തെ അറിയുന്നത് അറിയേണ്ടതല്ലെന്ന് കഴിഞ്ഞവൻ അത് സംഗീതായി അറിയുന്നവൻ അവനാണ് പണ്ഡിതൻ പറയാം ശരിയാണ് ഇക്കാര്യത്തിന് യാതും അഭിപ്രായ വ്യത്യാസം നസത്തിന്റെ എല്ലാവരെയും മഹാത്മി മഹാത്മനിയ മഹാത്മാ ബലാദേവന സുഗന്ധി സ്വാഭാവികമായി തന്നെ എന്താണ് ബോധം എന്നോട് താല്പര്യം വരുന്നത് അത് ശരിയാണ് അങ്ങനെ പറയുമ്പോൾ കുഴപ്പം തത്വത്തെ അറിയുന്നവര് സ്വാഭാവികമായും തന്നെ അതിനോടൊന്നും താല്പര്യം വരുന്നില്ല എന്ന് പറയുമ്പോൾ അത് വിശ്വ രീതിയിലേണ്ട ആവശ്യങ്ങൾ വിവാഹമുള്ള കാര്യങ്ങളൊന്നും ആ വിലാതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹജമെന്നുള്ളവർക്ക് ഉറപ്പായി നിശ്ചയമായി എന്നൊക്കെയുള്ളവർക്ക് ബലമെന്ന് പറഞ്ഞു എന്ന് പറയും ം അവന് സഹജമായിട്ട് ഉറപ്പായിട്ടുണ്ട് എന്നാണ് അതൊക്കെ അങ്ങനെ അവിടെ അങ്ങനെയൊക്കെ ഒരു ചെറിയ വ്യത്യാസമൊക്കെ അത് നമ്മൾ സഹിച്ചോളു അല്ലെങ്കിൽ പിന്നെ ഇതിനെയൊക്കെ ഒപ്പിക്കണം ഞാനത് എഴുതിയിരിക്കുന്ന അതുപോലെ വായിച്ചു അതിന്റെ അർത്ഥം പറഞ്ഞത് ിച്ച് പറയാം എന്താണ് അതും യോഗശാസ്ത്രത്തിൽ പറയുന്നുണ്ട് എന്താണ് യോഗശാസ്ത്രത്തിൽ പറയുന്നുണ്ട് വൈരാഗ്യം തുടക്കത്തിൽ പറയുന്നുണ്ട് നിയമ നിയമ ആസന പ്രാണായാമ പ്രത്യാഹാരം അവിടെയൊക്കെ വൈരാഗ്യം വരുന്നുണ്ട് അങ്ങനെ വന്നു എന്തു ചെയ്യുന്നു അയാൾക്ക് സമ്പ്രജ്ഞാത സമാധി ഉണ്ടാവുന്നു സ്വാഭാവികമായിട്ടും അതിന്റെ സ്വാധീനം അയാളെ കാണുമല്ലോ അപ്പോ അയാൾക്ക് അയാൾ വിരക്കനായി സമാധിയിലേക്ക് പോകുമ്പോൾ പിന്നെ അയാളുടെ വൈരാഗ്യം എന്ന് പറയുന്നത് ജ്ഞാനത്തെ നിരോധിക്കാനാണ് അയാൾക്കുണ്ടായ ജ്ഞാനത്തെ തന്നെ എന്ത് ചെയ്യണം അയാൾ നിരോധിക്കണം എന്നാലാണ് അദ്ദേഹത്തിൽ ചർച്ച അപ്പോ അതിനുവേണ്ടി കൂടുതൽ വൈലാഗ്യ ആവശ്യമാണ് അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കാം ഞാനത്തിന് ശേഷമുള്ള വൈലാഗ്യ യോഗശാസ്ത്രം അനുസരിച്ച് അത് വെച്ച യശസ്ത്രജ്ഞനാ വിശ്രൈ ദൈവവിനാമി ഭോഗാലരോചന്റെ സജീവമുക് ഉച്ച വിഷയം അത് മറ്റൊരു വിഭാഗത്തെ കുറിച്ച് പറയാൻ യശപ്രഭജന യസ്മൈ വിനാ യസ്മൈ ഭൂവി ഭോജന്റെ സജീവം അതായത് ഭോഗാല രോചന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിരക്തനായിരിക്കുകയാണ് വിരക്തനായിരിക്കുന്നതിന് വിരക്തിക്ക് സാധാരണ രീതിയില്ല വിരക്തിക്ക് യശപ്രഭൃതനാ ഹേതുനാണ് യശസ് തുടങ്ങിയ ഹേതുക്കൾ കൊണ്ടും ഒരാൾ വിദഗ്ധനാകാതെ പാടില്ല പറയുന്നത് കാര്യമാണ് കീർത്തി അധികാരം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരാൾ എന്തെയ്യ വിരക്നാണ് എന്ന് വെച്ചാൽ ആ എന്ന് പറഞ്ഞാൽ അവിടെ എന്താ ഉദ്ദേശിക്കുന്നത് സാറിന് നമ്മൾ പറയുന്ന സാറിന് എന്താ പറയുമ്പോ ഇവിടെ നിങ്ങളുടെ ആശ്രമത്തെ കുറിച്ച് പറഞ്ഞു വിചാരിക്കുന്നു നിങ്ങളുടെ ആശ്രമം പറയുമ്പോ അത് എന്റെയും കൂടെ ആശ്രമമാണ് അപ്പൊ നിങ്ങളുടെ ആശ്രമത്തെ ദുഷിച്ചാൽ അത് എന്നെ കൂടെ ദൂഷിക്കുന്നതാകും നിങ്ങൾ എന്നെ വേറെ ആയിട്ട് കാണുന്നൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത് ഞങ്ങളുടെ ആശ്രയത്തെ കംപ്ലൈന്റൊക്കെ ആയിട്ട് ഞാൻ ഇവിടെ ഇരിക്കുന്നത് എന്നെയും കൂടെ ആശ്രയമല്ല നിങ്ങൾ ദേവി എന്നെ അന്യനായി കാണരുത് വരുന്ന ഒരാളാണ് ആഴ്ചയിൽ എനിക്ക് പുറത്ത് പോകുന്ന ഒരാളാണ് ഞങ്ങളെ കുറിച്ച് ദോഷം പറയുന്ന ഒരാളായാലും ഞങ്ങളെനിക്വസ്റ്റ് ആണ് പക്ഷെ ഇതെല്ലായിടത്തും കാണുന്ന കാര്യമാണ് എന്ത് ഒരാശ്രമത്തിലെ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ പകട്ടും അങ്ങനെ തോന്നുന്നു കാണുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് എന്ത് തോന്നുന്നു ഞാൻ സന്യസിക്കണമെന്നോ അതിനെ ചിന്തിക്കുന്നു കോന്നി ജില്ല അപ്പൊ അങ്ങനെ കാണും സന്യാസമുണ്ടാകുന്ന കരയുന്നത് അത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് സന്യാസിത്തിന് എനിക്ക് കരയില്ല ഞാൻ ചെറുതനോടെ കരയില്ല അവനും മറ്റവനും ഒക്കെ കൊടുത്ത് എനിക്ക് മാത്രം തന്നില്ല എന്ന് എനിക്ക് തന്നില്ലെന്ന് വിചാരിച്ചാ നഷ്ടം അതങ്ങനെ അല്ലല്ലോ അത് ശരിയച്ച സമത്വം വേണ്ടേ എനിക്കും ഒരു അവകാശമുണ്ട് ഇതിപ്പോ കിട്ടിയിട്ട് എന്ത് ചെയ്യാനാണ് കിട്ടിയവരെ കല്യാണം മനസ്സിലാവും പറ്റാത്ത എങ്ങനെയൊക്കെ മനസ്സിലാവും ഇങ്ങനെയൊക്കെ ചർച്ച നടന്നിട്ടുണ്ട് ഇവിടെ അതാണ് യശ പ്രപഞ്ചന യശസ് എന്നുള്ളതുകൊണ്ട് എന്താണ് ഒരാള് വിരക്തനാകും സന്യാസികൾ പുതിയ വേഷവും കൂട്ടി ഒരു ജീവം കുറേകാലം ആശ്രമം കടന്നു പണിയെടുക്കുന്ന പ്രയോജനമായി മാറി എന്താ പ്രയോജനം എന്റെ പ്രയോജനം ഉണ്ടെന്തെങ്കിലും താക്കോടൊക്കെ കയ്യിൽ വരും ഇതാണ് ഇവിടെ എസെപ് ചെയ്യുന്നുണ്ട് എന്തെങ്കിലും സ്ഥാനമാനങ്ങളൊക്കെ പക്ഷെ അതുകൊണ്ടും മറ്റു കാരണം വലിയ വലിയ പോസ്റ്റുകളൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ എന്തെങ്കിലും ചെറു കിട്ടിയാലോ സന്തോഷം വരത്തില്ല വലിയ എന്തിന് നോട്ടിവിടും വലുത് പങ്കുവയ്ക്കാൻ പറ്റാത്ത വീണ്ടെങ്കിലും രാശ്രീ വൈരാഗ്യം യാഗം കൊണ്ട് ഒരു പ്രയോഗമില്ല അങ്ങനെ ഈ ആശ്രമമൊക്കെ ഉണ്ടാവും ഏതെങ്കിലും ഒരാശ്രമിച്ച് ഫ്രഷായിട്ട് ചെന്ന് കയറാം അവിടെ അധികം ആളും പാടില്ല അപ്പൊ അവിടെ എന്തെങ്കിലും നല്ല ബോസ് ഇതിനെ മനുഷ്യർ ഇങ്ങോട്ടുള്ള ഇതിനെയൊക്കെ കാണുന്നുണ്ട് പൊതുവെ അങ്ങനെയൊക്കെയാണ് ഇതും ഒരു വലിയ വിഷയമാണ് എല്ല ഇതിൽ ഇന്ന് പറയുന്ന ഭാഷ എന്തൊന്നറിയ ആത്മീയത എന്ന് പറയുന്ന രണ്ടു തരത്തിലുണ്ട് ആത്മീയത എന്ന് പറയുന്നത് തന്റെ ഒരു പ്രൈവസിയായി തന്റെ സ്വകാര്യതയായി തന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗം അതിന് മറ്റ് പ്രൊമോഷനും ആവശ്യമാണ് ആത്മീയത കൊണ്ട് ഒരാൾ കേവലം ഒരു വ്യക്തി തന്റെ ഗുണഭോക്താവാണ് ആത്മീയത കൊണ്ടുള്ള നേട്ടം ഞാൻ അത് അത് അയാൾ അത് മറ്റൊരു അയാൾ അതിൻ്റെ പ്രചാരകനാണ് ആത്മീയതയുടെ പ്രചാരകനായി മാത്രമേ ഒരുപാട് മനുഷ്യർ അങ്ങനെ എടുക്കും അതുകൊണ്ട് അവർക്ക് ആത്മീയതയുടെ ഗുണങ്ങൾ തീർച്ചയായിട്ടും അവരനുഭവിക്കുന്നുണ്ടാവും എന്താണ് ആത്മീയതയുടെ ഗുണമെന്ന് പറയുന്നത് ജീവിതത്തിൽ പ്രചാരകനാക നമ്മള് ആത്മീയതയുടെ പ്രചാരകനാകണെങ്കിൽ എവിടെയെങ്കിലും എന്തെങ്കിലും അവിടെ സെൽഫ് പ്രമോഷൻ ആവശ്യമായ ദോഷമുള്ളതായിരിക്കും തന്നെ അഭിപ്രായം നമ്മളീ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെല്ലാം നോക്കിയാൽ മൊത്തം നൂറ് ശതമാനം സെൽഫ് പ്രമോഷൻ എന്തൊക്കെയാണ് എന്തൊക്കെയാ തലമുറി പറയുന്ന ആൾക്കാർ ലീഗ് ലീഗിൽ അതില ദോഷവും ഞാൻ പറയുന്നത് പക്ഷെ അതിന്റെ അപകടവും നമ്മുടെ ചുറ്റുപാടുകളൊക്കെ കണ്ട് നമ്മൾ പഠിക്കണം വളരെ സുഖിച്ച് കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ് നമ്മള് ആത്മീയതയുടെ പ്രചാരത്തിന് ഇറങ്ങുകയാണെങ്കിലും ഒരു പരിധി വരെ സെൽഫ് പ്രമോഷമാണ് സുഖം എന്തിനാ എന്തിനാണ് ഏതൊരു പ്രൊഡക്റ്റ് ആയാലും ശരി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ തന്നെ ആദ്യം പ്രൊമോട്ട് ചെയ്യണം ഒരു ചെറിയ പരസ്യം നമ്മുടെ ഏറ്റവും നല്ല ഞാൻ എന്താണ് ഒരാള് മോശമാക്കാൻ വേണ്ടി പറയുന്നതല്ല നമ്മള് മറ്റുള്ളവർ പാഠ പഠിക്കണമെന്ന് നമ്മുടെ ബാബ രാമി കുടിയുടെ സോപ്പും കുടിയുടെ പേസ്റ്റും ഒക്കെ എടുത്ത് കൈ പിടിച്ചുകൊണ്ട് പുളി തന്നെ പരസ്യം സെൽഫ് പ്രൊമോഷൻ കാരണം ഇതൊക്കെ സാധാരണ സിനിമാ നടികൾ ക്രിക്കറ്റ് സെലിബ്രിറ്റികളാണ് അവരെങ്കിലും പരസ്യം ചെയ്യണമെങ്കിൽ അവരുമായിട്ടൊരു കോൺട്രാക്ട് സൈറ്റ് ചെയ്യണമെങ്കിൽ കോടികളെങ്കിലും കോൺ പോകും അവർക്ക് എന്താണ് പരസ്യം ഉണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പരസ്യത്തിൽ കാശങ്ങോട്ട് കൊടുക്കും പിന്നെ അവര് പ്രൊഡക്റ്റ് പരസ്യപ്പെടുത്തി കഴിഞ്ഞാൽ എന്നാണ് കൂടുതലതിന് പ്രചാരം നമ്മുടെ ഭാവ എന്താ ചെയ്യുന്നത് ഒരു പടിക്ക് രണ്ട് പക്ഷേ നിങ്ങൾ ഹിന്ദി നാഷണൽ ചാനലുകൾ ഹിന്ദി ചാനലുകൾ ഇംഗ്ലീഷായാലും നമ്മളെ നോക്കുക ഞാൻ ഇടങ്ങി നോക്കുന്ന ഇദ്ദേഹത്തിന്റെ പരസ്യമില്ലാത്ത ഒരു ചാനലും ഇല്ല എല്ലാത്തിനും പരസ്യ സ്വയം പരസ്യങ്ങളും ദോഷമുണ്ടെന്നല്ല ഞാൻ പറയും നല്ലതാണ് അപകടം പറ്റില്ല അബദ്ധം പറ്റാതിരിക്കുന്നതാണ് അപ്പൊ ഇത് ഒരുപടിക്ക് രണ്ടു പക്ഷി ഇണന്തൊക്കെയാണ് ഒന്ന് തന്റെ ലെവൽ മറ്റൊന്ന് സോപ്പിൻ്റെ ലെവൽ രണ്ടു വട്ടയടിച്ച് ഇണത്തുകയാണ് ഈ ചാനലിനൊക്കെ ആളുകൾ നിറഞ്ഞേ പക്ഷേ അടുത്ത കാലത്ത് കുടിച്ചൊരു ഭയങ്കര അബദ്ധമുണ്ട് അത് ഈ സെൽഫ് പ്രൊമോഷനിൽ പറ്റിപ്പോകുന്ന ഒരു അബദ്ധമാണ് അതായത് അതിന് മലയാളിയ പറ്റി മലയാളികൾ എന്ന് പറയുമ്പോൾ വിഷം കളക്കിടുന്ന മരം നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന ഞാൻ വിചാരിച്ചു നമ്മുടെ കോവിഡൊക്കെ വന്നു പോയ പരസ്യങ്ങൾ ആധുനിക ചികിത്സാ സംവിധാനങ്ങൾ കൊണ്ട് ലോകത്ത് നിന്ന് മൂടിക്കിടക്കുന്ന മനുഷ്യർ മരിക്കുന്നത് അതുകൊണ്ട് ഞാൻ കൊറോണയ്ക്ക് ഒരു മരുന്ന് വിളിപ്പിച്ചു അതാണ് അതിന്റെ കൊറോണ കൊറോണ ഇല്ലെന്ന് പറഞ്ഞു അത് വന്ന് ഈ ആദ്യ ചികിത്സ കൊണ്ട് ഞാൻ കേട്ടാണ് ആ പരിസരം പത്രസമ്മേളനം നടത്തിയ പന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ എന്റെ ചാടി അവർ പോയി കേസും ഇങ്ങനെ പറയാൻ പാടില്ല പക്ഷെ ഈ വായ പോയ ബോടാലി എന്ന് പറയുന്നു അതുപോലെ സെൽഫ് പ്രമോഷന്റെ ഭാഗമായിട്ട് ആവേശം കൊണ്ടെന്ന് പറഞ്ഞു പോയതാണ് അത് ലബദ്ധമാണെന്നാണ് മനസ്സിലായത് കേസ് സുപ്രീം കോടതിയിൽ പോയി കോടതി പറഞ്ഞ പരസ്യം ഇനി മേലാശിനി പറഞ്ഞുതരിക്കട്ടെ ഇനി മേലാരുന്ന് ഇങ്ങനെ പറയരുത് എന്നാണ് അദ്ദേഹം കേട്ടോ കേട്ടിട്ട് അദ്ദേഹം കേസാ സെലിബ്രിറ്റി ആയിരുന്നു അദ്ദേഹം വീണ്ടും പരസ്യത്തുള്ളൂ സുപ്രീം കോടതി കോടതിയിലേക്ക് വരാൻ പറ്റും മുന്നോട്ട് വരാൻ പറ്റില്ല അവിടെ സുപ്രീം കോടതിയുടെ കാര്യം അറിയാം നമ്മുടെ ഈ മുരുക്കന്മാരെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ഇരിക്കും പോലെ ഞാനിങ്ങനെ ഒപ്പമുള്ള കിട്ടും നിങ്ങൾക്ക് താഴെ അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ഗുരുതന്മാരെല്ലാം വേണ്ടിരിക്കും ബാക്കിയുള്ളൊരു താഴേ കൂടി അങ്ങനെ എന്നേ ജീവിച്ചിട്ടുണ്ട് സുപ്രീം കോടതി ചെന്ന് കഴിഞ്ഞു ഓർത്തോടെ അവിടെ ചെന്നാ നിൽക്കണം അത് അവരി ഒരുപാട് പൊക്കത്തിലാണ് വേണ്ടിയിരിക്കുന്നത് ഇങ്ങനെ മലർ നോക്കി യാതൊരു റെസ്പെക്റ്റ് കിട്ടില്ല ഇത്രയും കാലം പൊക്കത്തി ചെന്നിട്ട് മലർ നോക്കി നിൽക്കാമെന്ന് ആയിരിക്കും കൂടെ ഈ സെൽഫ് പ്രൊമോഷൻ കൊണ്ട് കിട്ടിയ എല്ലാം പോയില്ലേ അവിടെ നിന്നും വേർട്ട് ഒരബദ്ധം പറ്റുകയാണ് സെൽഫ് പ്രൊമോഷന് ദോഷമുണ്ടായിരുന്നു നമുക്ക് അബദ്ധം പറ്റാതിരിക്കാൻ പറയുന്നത് നിങ്ങളൊക്കെ നാളെ ബാബന്മാരൊക്കെ ആവാത്തവരാണ് വളരെ സുഖം ഇരിക്കാൻ പറയത്തില്ല സുപ്രീം കോടതി ഇത് ലക്ഷിക്കുന്നവർ നിങ്ങൾ ഇന്ത്യയിലുള്ള ഏതൊരു പൗരന് പോലെയാണ് യാതൊരു കൊടുത്തിരിക്കുകയില്ല എന്നുവെച്ചാ നിങ്ങൾ ഇവിടുത്തെ നിയമങ്ങളെ അനുസരിക്കാൻ പാസ്വാമിയാണ് വർഗീകരും പൊതുവെ ഇപ്പോഴത്തെ ഒരു ഫ്രണ്ട് ആണ് ഹിന്ദു എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഫ്രണ്ടാണ് കാരണം ഭരണം നമ്മുടെ ഇല്ല കോടതിയിലും അവിടെ നിന്ന് സാഷ്ടാംഗമാക്കൊള്ളു വളരെ ദയനീയമായി നിങ്ങൾ നിഷ്കളങ്കനൊന്നും അല്ല കോടതി ഉപയോഗിച്ച ഭാഷയൊക്കെ ഞാനത് മനസ്സിലാക്കാൻ വേണ്ടി ഡിക്ഷണറി നോക്കിയാ പഠിച്ചത് ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഭാഷ ഈ എന്റെ മലയാളം പറഞ്ഞു കഴിഞ്ഞാൽ വലിച്ചു കരുതി ചോറിലൊട്ടിക്കും എന്ന് പറയും മലയാളത്തിനങ്ങൾ വരച്ച് കിരും ഭിത്തിയിലൊട്ടി അതേ ഭാഷയെ പോലെ ഏ അല്ല ബാബിയെടുക്കു പറഞ്ഞു ഏവിയെടുത്ത് പറഞ്ഞു ഇവരേക്കോളൂ ഗവൺമെന്റിന്റെ ശതാരിച്ചു ഭാവിയേ ശതാരി ഞാൻ പത്രത്തിൽ അങ്ങനെ വായിച്ചു ഒരുപാട് എന്ത് അവിടെ വിട്ട് മാറ്റിക്കൊണ്ടുവരാൻ പറഞ്ഞു അവിടെ വിട്ടെന്തു ചെയ്തു നേരെ പോയിട്ട് പത്രസമ്മേളനം വീണ്ടും നടക്കും കുടിയുടെ ഒരു വീക്ക്നെസ്സാണ് ഈ പത്രസമ്മേളനം കോടേയും കൊടുക്കാണ്ട് പത്രത്തിൽ പറഞ്ഞു വീണ്ടും വിളിപ്പിച്ചു അവിടെ തന്നെ വീണ്ടും നിർത്തിപ്പിച്ചു തീർന്നിട്ട ഭക്ഷണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പരസ്യമായി മാപ്പ് പറയാൻ പറയുക അത് എന്താറുമാസം വീട്ടാണ് ആറു മാസം ജേതി കിടക്കുക എന്ന് വെച്ചാൽ ചെറിയ കാര്യം പറഞ്ഞില്ലേ ഒരു സാധാരണ ഗെച്ച് അറസ്റ്റ് ചെയ്തുകൊണ്ടിട്ട് ഈ ക്രിമിനൽസിന്റെ കൂടെയല്ല അവരെ പൂക്കത്തി കിടക്കുന്നത് എന്ന് പറയുന്നത് ഒരു ദോഷമുണ്ട് ദോഷമുള്ള കാര്യമല്ല നമ്മളെന്ത് കാര്യത്തിൽ ഇറങ്ങിയനുസരിച്ചു എല്ലായിടത്തും അറിയുന്നത് നമ്മളറിയുന്ന സൈക്കോളജി എന്ന് പറയുന്ന ഒരു വിഷയം എല്ലാവർക്കും നമ്മൾ അറിയാതെയാണെങ്കിൽ നമ്മൾ അതൊക്കെ ചെയ്യുന്നു നമ്മുടെ മനഃശാസ്ത്രത്തിന്റെ ഒരു ഭാഗമാണ് പിന്നെ സെൽഫ് പ്രമോഷൻ ബിസിനസ് അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബിസിനസ് ആണ് അപ്പൊ അത് വേണ്ടതാണ് പക്ഷെ ചെറിയ ഒരു ദശ വെച്ചു സംഗതിയാണ് അദ്ദേഹം നീ പരസ്യമായും ആപ്പ് കുറഞ്ഞു വെറുതെ പെട്ടുമായിരിക്കും പക്ഷെ എന്നാലും ഇതിനകം തന്നെ ഒരുപാട് എന്താണ് സ്റ്റാറ്റസൊക്കെ ഉണ്ടാക്കിയെടുത്ത ആൾക്കാർക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചു എന്തുകൊണ്ടാണ് ചെറിയൊരു അശ്വത് പറഞ്ഞപ്പോ തന്നെ അത് അങ്ങനുസരിച്ചിരുന്നെങ്കിൽ നമ്മൾ അതുക്കം മേലേ എന്നുള്ളൊരു വിചാരം പാട്ടുകഴിഞ്ഞാൽ ഒന്ന് വേറൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കില്ല വേറെ ഒരാളുടെ വീഴ്ച ചെയ്ത് സന്തോഷിക്കുകയല്ല ഈ രാജ്യത്തെ നമ്മുടെ നിയമം അനുസരിച്ച് നമ്മള് ഏതൊരു വ്യക്തിയെ വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും അറസ്റ്റ് ചെയ്തവർക്കുക രാജ്യത്തെ നിയമം എങ്ങനെയാണ് അങ്ങനെയാണ് എന്നെ നിങ്ങളെ അറസ്റ്റ് ചെയ്തകത്തില്ല കുറഞ്ഞ വശം മൂന്ന് മാസാവത്തുണ്ട് ക്രിമിനൽ കേസിലകത്തിന് കാരണം വളരെ എളുപ്പമാണ് നമ്മളകത്ത് പോകാതിരിക്കുന്ന നമ്മുടെ ഭാഗ്യം കൊണ്ട് മാത്രമാണ് ആ രീതിയിൽ പരാതി വേണ്ടി വാങ്ങിച്ച സ്വാഭിമാനാണെങ്കിൽ വളരെ എളുപ്പമാണ് ശേഷം കഴിഞ്ഞ മൂന്ന് മാസം എന്തായാലും അവസ്ഥ കാരണം ഇവിടുത്തെ നമ്മുടെ ക്രിമിനൽ നിയമം അനുസരിച്ച് നിങ്ങൾ കുറ്റം ചെയ്തോ ഇല്ല എന്നുള്ളതല്ല പ്രശ്നം നിങ്ങൾ കുറ്റക്കാരനല്ലാന്ന് തെളിയിക്കേണ്ട ബാധ്യത നിങ്ങളുടെ ഞാൻ കുറ്റക്കാരിൽ ഞാൻ നിരപരാധിയാണെന്ന് പറഞ്ഞ കാര്യമില്ല അത് തെളിയിക്കാനുള്ള ബാധ്യത നമ്മുടെ ക്രിമിനൽ കേസില് അകത്ത് പോയി കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ആരായിരിക്കും എപ്പോഴും പ്രതിയായിരിക്കും ഒരിക്കലും വാദിയാകും സിവിൽ കേസിലാണെങ്കിൽ നമുക്ക് വാദിയും പ്രതിയാണ് ക്രിമിനൽ കേസ് ഒരിക്കലും സാധിക്കില്ല ആരെങ്കിലും പരാതി അരുന്നിട്ട് അകത്തട്ടോ നമ്മൾ പ്രതി തന്നെയായിരിക്കും നമുക്കൊരിക്കലും വാദിയാകാൻ പറ്റില്ല വാദിയാലാണോ അതാണ് പ്രോസിക്യൂഷൻ എന്ന് അവിടെ ജോലി എന്ന് പറയുന്നത് എന്താണ് തെളിവില്ലെങ്കിൽ തെളിവുണ്ടാക്കല്ല ഞാൻ നിരപരാധി എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അവര് തെളിവുണ്ടാക്കി ചാർജ് ഷീറ്റ് കൊടുത്തില്ലെങ്കിൽ കൊടുത്ത് മൂന്ന് മാസത്തിനുമ്പോൾ കൊടുത്തില്ലെങ്കിലേ നമുക്ക് അവസ്ഥ ഇതാണ് ഇവിടുത്തെ നിയമത്തിന്റെ ഒരു പഴുതി തെറ്റ് ചെയ്യാത്ത ഇതുപോലെയാണെന്ന് സ്വയം തെളിയിക്കേണ്ടി വരുന്ന ദുരവസ്ഥ ഈ രാജ്യത്ത് ഏതൊരു പോലും നേരിടാം എന്താണ് ഇതിന്റെ മാനിപ്പുലേഷനാണ് പക്ഷെ അങ്ങനെ നമ്മൾ അങ്ങനെയുള്ള കാലത്താണോ മുൻചെയ്യും ഇത് ആണായാലും പെണ്ണായാലും അപ്പൊ പിന്നെ അബദ്ധങ്ങൾ കാണിച്ചാറ് അബദ്ധം പറ്റിയ വലിയ പ്രശ്നമാണ് അല്ല ഒരാള് ജയിലിക്കുന്നതിന് തെറ്റെയ്യുന്നു നിയമവും എത്രയോ നിരപരാധികളൊക്കെ ചെയ്യും അതാണ് നിയമത്തിന്റെ ഒരു പഴുതാണ് തെളിയില്ലാത്ത കാലങ്ങളും അതുകൊണ്ട് സെൽഫ് പ്രമോഷൻ എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും ആത്മീയത ദോഷമാണ് കാര്യങ്ങളാണ് നമ്മൾക്ക് ആത്മീയതയിലും പ്രചാരകനാണോ നമ്മൾ തന്നെ അത് പ്രമോട്ട് ചെയ്യുന്നു ഇതുപോലെ അകം പഠിക്കും ഞങ്ങളുടെ ഒരു ഉദാഹരണം പറഞ്ഞത് സംഭവിക്കാൻ പാടില്ല പഴയ കാലത്ത് പറയുന്ന എന്താണ് ആത്മീയതയിലെ ആ വിരഗതിയിലുള്ള രീതിയിൽ ഇന്നത്തെ ആത്മീയതയെ കാണാൻ പറ്റത്തില്ല ഇന്നത്തെ ആത്മീയതയിലെ പ്രചാരം ഒരു പ്രധാനമായ ഭാഗമാണ് പണ്ട് ആത്മീയതയിലെ പ്രചാരം പണ്ടും ഉണ്ടായിരുന്നു പക്ഷെ അന്നും ഇന്നും തമ്മിൽ വ്യത്യാസം എന്താണ് വ്യത്യാസം അതെന്റെ പ്രധാനമായ വ്യത്യാസം എന്ന് ആത്മീയത എന്ന് പറയുന്നതിന്റെ പരാതി എന്ന് വെച്ചാൽ പറഞ്ഞു കൊടുക്കുന്നു ഉള്ളൂ ഇന്നെങ്ങനെയുള്ള ആത്മീയതയോ ഇന്ന് സമൂഹത്തിനാണ് പറഞ്ഞു അതപസ്സായ ന ഭക്തായ കഥാചന അന്റെ അശസ് ഭൂഷണയെ വായിച്ച് ഇതൊന്നും ഇന്ന് പറയാൻ പറ്റില്ല ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല ആജ്ഞത എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയുള്ളത് മനുഷ്യന്റെ സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടിയുള്ളത് അത് സമൂഹത്തിന് എല്ലാവർക്കും എല്ലാവരും ഇതിന് അവകാശം നമ്മൾ കൊണ്ടങ്ങനെയല്ല ഇത് പ്രത്യേക അവർക്ക് മാത്രമേ പാഠം പോകുന്നതായിരുന്നു അതുകൊണ്ടാണ് ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നത് അങ്ങനെ വരുമ്പോ അതിന്റെ പ്രൊമോഷൻ ആവശ്യമാണ് സെൽഫ് പ്രൊമോഷനും വേണ്ടി പക്ഷെ പാടിപ്പോയ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ ചെന്ന് ചാടിക്കുന്നു അതിന്റെ ഉദാഹരണം അതുകൊണ്ട് ഇതിന് ഈ പറയുന്ന അതുപോലെ ഇന്നത്തെ കാലത്ത് സ്വീകരിക്കാൻ പറ്റില്ല ഇന്ന് ഇതിന് കഴിഞ്ഞിട്ട് ആത്മീയതയല്ലേ അതിൻ്റെ വ്യാഖ്യാനം മാറിക്കഴിഞ്ഞു ആദ്യകാലത്തെ ആത്മീയത എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ കേവലം സ്വന്തത്തു പോകുന്നു ഇന്നും പല മതങ്ങളിലും സ്വർഗത്ത് പോകുന്നു പക്ഷെ ഇവിടെ അതൊക്കെ മാറി ആത്മീയത എന്ന് പറയുന്നത് മനുഷ്യന്റെ സുഖം സന്തോഷത്തിനു വേണ്ടിയുള്ള കാര്യങ്ങളായി അങ്ങനെ ഒരുപാട് സമൂഹത്തിലെല്ലാവരും അതിനാണ് അവകാശിക്കുന്നതാണ് അധികാരങ്ങളിൽ അപ്പം അവിടെ പ്രൊമോഷൻ തന്നെ ദോഷവും പരസ്യങ്ങൾ കഴിക്കും പക്ഷെ ഇതുപോലുള്ള അവാർഡും പറ്റാൻ അതാണ് ഈ സെൽഫ് പ്രൊമോഷന്റെ ഒരു ദോഷം കളിന്നാണ് അത് അഹങ്കാരമായിട്ട് വേണം ഇതൊരു അഹങ്കാരമായി മാറുന്നു നമ്മുടെ ഭാപയ്ക്കൊക്കെ പറ്റി അതാണ് സ്വയം തിരിച്ചറിച്ച് തന്നെയാണ് ഒരുപാട് ഒരുപാട് ഒരുപാട് യശസ്സിങ്ങനെ വർദ്ധിച്ചു വന്നപ്പോ അത് അഹങ്കാരമായി മറന്ന് തിരിച്ചറിയുന്നത് അതുകൊണ്ടാണ് പിന്നെ ഒരുപാട് മാപ്പപേക്ഷിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ഒന്ന് സംഭവിച്ചാൽ മതി നമ്മൾ ഈ പറയുന്നത് എന്താണ് വിശപ്രഭനമായി വിശസ് തുടങ്ങിയത് കൊണ്ട് ഇവരയ്ക്ക് വരാൻ പാടില്ല അതുകൊണ്ടൊന്നും എന്താണ് അഹങ്കാരത്തിലേക്ക് നയിക്കുന്നു ജീവിതാകുന്നു അല്ല ആത്മീയ വേണ്ടി പ്രമോഷനും ദോഷവും അങ്ങനെയൊന്നും നടക്കും നടക്കുന്നത് നമ്മൾ എന്ത് ചെയ്യണം ആത്മീയതാ എന്ന് പറയുന്നത് അവനവൻ്റെ ഒരു പ്രൈവസിയായി പ്രചരിപ്പിക്കാനും പോകുന്നത് സ്വന്തം കാര്യം പക്ഷേ അങ്ങനെ അങ്ങനെയും ചെയ്തി പ്രചരിപ്പിക്കുക ദൗത്യമായിട്ട് എടുക്കുമ്പോൾ അവർ വളരെ വളരെ വളരെ ശ്രദ്ധിക്കും അല്ലെങ്കിൽ അവർ അഭാപ നടക്കും